അള്ളാഹു സുബഹാനഹുവറ്റ ആലയുടെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആകാശഭൂമികളുടെ അനന്തരാവകാശം അള്ളാഹു സുബഹാനഹുവറ്റ ആലക്കുള്ളതാണ് വിജയത്തിന് മുമ്പ് ചെലവഴിക്കുകയും പോരാടുകയും ചെയ്തവരും അതിനുശേഷം ചെലവഴിക്കുകയും പോരാടുകയും ചെയ്തവരും നിങ്ങൾക്കു തുല്യരല്ല ആദ്യത്തെവർക്ക് പദവികൾ വളരെ ഉയർന്നതാണ് എങ്കിലും എല്ലാവർക്കും അള്ളാഹു സുബെഹാനഹുവറ്റ ആല ഏറ്റവും നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അള്ളാഹു സുബഹാനഹുവറ്റ ആല സൂക്ഷ്മമായി അറിയുന്നവനാണ്